ശാത്തപാവനൈഭവം തം നരം വപുഷി കുഞ്ചരം മുഖേ മന്മഹേക്ക് തുന്തിലംബുരുമാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാ പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിന് വ്യോമവ്യാപ്തേഹിമൂർത്ത വസുതേ വേദം കംസചാണൂരമർദനം देवकी പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു വ്യാഴ വിഷ്ണു വ്യാസായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാഷാ നമോ ശങ്കരം ശവം പാദരാണ സൂത്രഭാഷ്യതൗ വന്ദേഗവന്ത പാർസാരഥിണ ശ്രാവി ശുഭി പാർസ്യർത്തിഹരോ ദൂർത്തിന भूय महाबाहो परमं इत्तेहं ഭൂയേവ മഹാബാഹോ ശൃു മേ പരമം വചഹ എഹം പ്രീയമാണയ വക്ഷ്യമി ഹുസുരഗണ പ്രഭവം നമഹർയ അഹമാതിർ ദേവാഹർീ സോമാജമനദി वेत्ति ലോകമഹേശ്വരം അസംമൂഢസമർ സർവീ പ്രമു ഈ മൂന്ന് ശ്ലോക്കാണ് ഇന്നലെ വൈകുന്നേരം കണ്ടത് ശ്ലോകം ഭഗവാൻ ഈ വിഭൂതി യോഗത്തിനൊരു ആമുഖം പോലെ പറഞ്ഞു എന്റെ ഈ പരമമായ വചസ്സിനെ കേൾക്കുക ശ്രവിക്കുക പ്രിയമാണായ തെ വക്ഷ്യാമി ശ്രവണോത്സുഖനായിട്ട് ഭക്തനായിട്ടിരിക്കുന്ന അർജുനന് പരമഹിതം വരണം പരമമായ മംഗളം വരണമെന്ന് കാക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകളെ പറയുന്നു എന്ന് ഭഗവാൻ പറഞ്ഞു ഹിതകാമ്യയാണ് ഒരു ജീവന് ഹിതം വരണമെങ്കിൽ ബാഹ്യമായിട്ടിരിക്കുന്ന ഈ മനസ്സ് അന്തർമുഖമായി സ്വരൂപസാക്ഷാത്കാരം ഉണ്ടാവണം ഭഗവാൻ നമുണ മഹർഷിയുടെ അടുത്ത് ഒരു ഭക്തൻ ചോദിച്ചു ഒരാൾക്ക് പ്രാപിക്കാവുന്ന ഏറ്റവും വലിയ ശ്രേഷ്ഠമായ മെന്റ് എന്താണ് അഥവാ ലോകത്തിന് നമുക്ക് എങ്ങനെ ഉപകാരം ചെയ്യാൻ കഴിയും അതിന് ഭഗവാൻ കൊടുത്ത ഉത്തരം നീ നിന്നെ അറിഞ്ഞാൽ ലോകത്തിന് മുഴുവൻ ഉപകാരമായി ആത്മസാക്ഷാത്കാരത്തിന് മേലെ ഒരു ഉപകാരമൊന്നും ചെയ്യാനില്ല എല്ലാ കുഴപ്പങ്ങളും തന്നെ അറിയാത്തതിന്റെ കുഴപ്പമാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് അറിയാമെങ്കിലും എന്താപ്പോ അതിൻ്റെ വിശേഷം എന്ന് വെച്ചാൽ അപ്പം നമുക്ക് നമ്മുടെ ശരീരമോ മനസ്സോ ഒന്നുമല്ല പൂർണ്ണ വസ്തുവാണെന്നുള്ള ബോധം ഉണ്ടാവുന്നു അവിടെ ഒരു കുഴപ്പവും ഇല്ല എന്നുവെച്ചാൽ ഇപ്പോൾ തേച്ച് കുളിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത് പൂർണമായിട്ടാണ് ഇരിക്കുന്നത് ശുദ്ധമായിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ പൂർണ്ണത്വത്തിന് ൈസ് ചെയ്യണം പ്രത്യഭിജ്ഞ വിദ്യ ലോകത്തിലില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിലെ എന്നെ ദേവന്മാരും മഹർഷിമാരും പോലും അറിയണില്ല എന്ന് പറഞ്ഞത് പറയാൻ കാരണം ദേവന്മാരിലും ചിലർ അറിയുന്നുണ്ട് മഹർഷിമാരിലും ചിലർ അറിയണുണ്ട് സൂത്രഭാഷ്യത്തിൽ ഇതിനൊക്കെ വിസ്തരിച്ചിട്ടുള്ള ചിന്തകളുണ്ട് ജ്ഞാനം മനുഷ്യയോനിയിൽ മാത്രമാണോ സാധ്യം അല്ല മനുഷ്യയോനി തൊട്ട് മേലെയുള്ള യോനികൾക്കൊക്കെ സാധ്യമാണ് മനുഷ്യയോനിയല്ലാതെ മൃഗയോനികളെതിലുമൊക്കെ തന്നെ ചിലപ്പോൾ കൃപാലാഭം കൊണ്ട് ഏതോ കാരണവശാൽ ഉണ്ടായേക്കാം ചിലപ്പോൾ വൃക്ഷങ്ങളിൽ പോലും അത് പക്ഷേ എക്സെപ്ഷൻസ് ആണ് മനുഷ്യയോനി തൊട്ട് മുകളിലുള്ള യോനികളിലൊക്കെ ഇത് സാധ്യമാണെന്നാണ് അതിന് ദൃഷ്ടാന്തമാണ് ഉപനിഷത്തില് പ്രജാപതിയുടെ അടുത്ത് പോയി ഇന്ദ്രൻ വിരോചനൻ അസുരനും ദേവനും ബ്രഹ്മവിദ്യ അന്വേഷിച്ചു പോകുന്നുണ്ട് ഉപനിഷത്തിൽ അതുകൊണ്ട് തന്നെയാണ് ഋഷി ശൃണന്തു വിശ്വേ അമൃതസ്യ പുത്രാഹ എന്ന് എല്ലാവരും വിശ്വത്തിലുള്ള എല്ലാവരും കേൾക്കട്ടെ അപ്പൊ എല്ലാവർക്കും അധികാരമുണ്ട് എല്ലാവർക്കും സാധ്യമാണെന്ന് അർത്ഥം ആയേധാമാനി ദിവ്യാനിത വേദാഹം ഏതം പുരുഷം മഹാന്തം ആദിത്യവർണം തമസ പരസ്താ അപ്പൊ ദേവയോനികളിലും സാധ്യമാണ് ഋഷിയോനികളിലും സാധ്യമാണ് പക്ഷെ ദേവന്മാരായത് കൊണ്ട് സാധിച്ചു കൂടണമെന്നില്ല എല്ലാത്തിനും ഒരു പ്രത്യേകത ഉണ്ടല്ലോ അപ്പൊ ദേവന്മാരെന്ന് വെച്ചാൽ വലിയ ആളുകളാണ് മനുഷ്യരെക്കാളും ഉയർന്നവരാണ് ഋഷികൾ എന്നുവെച്ചാൽ മനുഷ്യരിൽ ഏറ്റവും ഉയർന്നവരാണ് മനുഷ്യരില് ഋഷികൾ ഈ സേനൻ ഗൃധ്രങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠാണ് അതുപോലെ മനുഷ്യരിൽ ഋഷിയാണ് എന്നാണ് ഉപനിഷത്ത് വരുന്നത് അപ്പൊ ഈ ഋഷിത്വം ഈശ്വരക്രാന്തദർശികളൊക്കെ ഋഷികളാണ് പ്രകൃതിയുടെ പല ധർമ്മങ്ങൾ ഇപ്പൊ സയന്റിസ്റ്റിനൊക്കെ ചില ശാസ്ത്രജ്ഞന്മാരും ഒക്കെ തന്നെ ഋഷികളാണ് പ്രത്യേകിച്ച് ഇപ്പൊ ഈ കാലത്ത് ഋഷി ശാസ്ത്രജ്ഞന്മാരെ വിട്ടു അതിന്റെ ആരംഭത്തിലുള്ള പലരെ നോക്കിയാൽ അവരൊന്നും സ്കൂള് കണ്ടിട്ടില്ല പഠിച്ചിട്ട് പോലുമില്ല അവരെന്തോ ചില പ്രകൃതി നിയമങ്ങളൊക്കെ കണ്ടു തപസ് തന്നെയായിരുന്നു ജീവിതം അതിനുവേണ്ടിട്ട് പക്ഷേ ഋഷി എല്ലാ ഋഷികളും ജ്ഞാനികളാണെന്ന് പറയണില്ല ഋഷികളിൽ ജ്ഞാനികളുണ്ട് ഋഷി ദർശനം ചെയ്യുന്നു ചില ചില ഗൂഢരഹസ്യങ്ങളൊക്കെ ദർശനം ചെയ്യുന്നവരൊക്കെ ഋഷികളാണ് ആ ഋഷികളിലും അതുകൊണ്ടാണ് സൂത്രകാരന്മാര് ചിലതൊക്കെ പറയണത് അതായത് ഒരാള് ബ്രാഹ്മണകുലത്തിൽ ജനിച്ചാൽ അയാളെ വിപ്രൻ എന്ന് പറയുന്നു വേദാധ്യയനം ചെയ്താൽ ശ്രൗതി വൈദികൻ പറയുന്നു ജ്ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു ചെയ്താൽ ശ്രൗതി എന്നും യാജ്ഞികൻ എന്നും പറയുന്നു വേദമന്ത്രങ്ങളെ മനനം ചെയ്താൽ മുനി എന്ന് പറയുന്നു മന്ത്രത്തിനെ ദർശനം ചെയ്താൽ ഋഷി എന്ന് പറയുന്നു എല്ലാറ്റിനും മേലെ മന്ത്രാർത്ഥത്തിനെ സാക്ഷാത്കാരം ചെയ്ത് സ്വയം ബ്രഹ്മജ്ഞാനം നേടിയാൽ ഏഷ ബ്രാഹ്മണ അപ്പോഴാണ് അത്രേ പറയുന്നത് അപ്പൊ ബ്രാഹ്മണകുലത്തില് ജനിച്ചവനെ ഒക്കെ ബ്രാഹ്മണൻ പറയുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ഗൗണം തത്ര താവത് ബ്രാഹ്മണ് എന്നാണ് ശങ്കരാചാര്യസ്വാമി അതുവരിക്കും ഇയാള് ഗൌണബ്രാഹ്മണനാണെന്ന് വെച്ചാൽ ബ്രാഹ്മണ്യത്തിന് ഈശ്വരൻ സെലക്ട് ചെയ്തിരിക്കുന്നു സ്കൂളിൽ ചേരുമ്പോ തന്നെ പാസ്സായി കണക്കാക്കണ പോലെയാണെന്ന് അതുപോലെ ഋഷികൾ ഋഷിപുത്രന്മാരൊക്കെ ഋഷികളാണ് അല്ലെ അപ്പൊ നമേ വിദുഹു സുരഗണാ പ്രഭവം നമഹർഷയാ ദേവന്മാരോ മഹർഷികളോ ഒന്നും എന്നെ തന്നെ പൂർണമായി അറിയുന്നു എന്ന് പറയാൻ വയ്യ ഭഗവാനെ അറിയാൻ എന്താ വഴി ഭഗവാൻ തന്നെ കാണിച്ചു കൊടുക്കണം യമേ വൈഷ തേന ലഭ്യഹ തസ്സൈഷ ആത്മാ വിവൃണു തനും സ്വാം അറിയണമെന്ന് ആശിക്കുന്നവൻ ആത്മാവ് തന്നെ ഉള്ളിൽ നിന്നും ആവരണം നീക്കി സ്വരൂപപ്രകാശം കൊടുക്കും സ്വരൂപത്തിനെ പ്രകാശിപ്പിക്കണം അങ്ങനെയാണ് പല മഹാവൈഭവമുള്ള ഋഷികൾക്കൊക്കെ തന്നെ ഈ സ്വാനുഭൂതി സിദ്ധിച്ചിരിക്കുന്നത് അല്ലാതെ അവരുടെ സാമർഥ്യം കൊണ്ടോ ഒന്നുമല്ല ആചാര്യസ്വാമികൾ ഭാഷ്യത്തിൽ ഒരുപാട് പ്രാവശ്യം ഉദ്ധരിക്കുന്ന ഒരു ഉദാഹരണമാണ് ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ ഞാൻ ബ്രഹ്മമാണ് എന്ന് ഘോഷിച്ച വാമദേവൻ അഹം മനുരഭവം സൂര്യശ്ശ ഞാനാണ് മനു ഞാനാണ് സൂര്യൻ ഞാനാണ് എല്ലാം എന്ന് ഗർഭത്തിലിരിക്കുമ്പോൾ പറഞ്ഞു അത്രേ വാമദേവൻ ഈ വാമദേവൻ ആരെടുത്ത് പോയി അഭ്യസിച്ചു എന്തെന്ന് ചോദിച്ചാൽ ഉത്തരല്ല അപ്പൊ ഈശ്വരൻ തന്നെ അവർക്ക് പ്രകാശിപ്പിച്ചു കൊടുക്കുന്നതാണ് ഈ ജ്ഞാനം അത് പൂർണ്ണമാണ് പല മഹാപുരുഷന്മാരും ഈ കഴിഞ്ഞ കാലത്ത് നോക്കൂ രാമകൃഷ്ണ പരമഹംസർ ആവട്ടെ ഭഗവാൻ രമണ മഹർഷി ആവട്ടെ ഈ പൂർണ്ണ മഹാവൈഭവമായിട്ടുള്ളവരൊന്നും അത്ര കണ്ട് പരിശ്രമിച്ച് പഠിച്ച് ടെക്നിക്ക് മെത്തേഡ് കൊണ്ട് വന്നവരൊന്നുമല്ല അല്ലേ മഹർഷി തന്നെ പറയണ്ട് തൻ പദം എനക്ക് തന്തനൻ അരുണാചലേശ്വരൻ തന്റെ ആ സ്ഥിതിയെ എനിക്ക് പ്രകാശിപ്പിച്ചു തന്നു തൻ പദം എനക്ക് തന്തനൻ ഞാൻ നേടിയെന്നല്ല പ്രകാശിപ്പിച്ചു എന്നാണ് പൂർണമായും ആ സത്യത്തിനെ പ്രകാശിപ്പിച്ച് തൻ പദത്തിൽ ഇരുത്തിനാൻ തന്റെ സ്ഥിതിയിൽ എന്നെ പിടിച്ച് ഇരുത്തി അപ്പൊ ഈശ്വരനായി ആ ആവരണം നീക്കി പ്രകാശിപ്പിച്ചു കൊടുക്കണമെന്നാണ് അങ്ങനെ പ്രകാശിപ്പിക്കുമ്പോഴാണ് അവര് ഭഗവാനെ ഭഗവാനായിട്ട് ഇരുന്നു കൊണ്ട് തന്നെ അറിയാണ് ദേവോ ഭൂത്വാ ദേവം ജാനാത്തി അല്ലാതെ ദേവനെ വിട്ടുനിന്നല്ല അറിയണത് വിട്ടുനിന്ന് അറിയണത് നമ്മളിപ്പോ പുസ്തകത്തിൽ നിന്ന് അറിയണ പോലെ അപ്പോ ഭഗവാനെ എങ്ങനെ അറിയണു അജം അനാദിം ലോകമഹേശ്വരം വേത്തി ജനനമോ മരണമോ ഇല്ലാത്തതും എന്നുവെച്ചാൽ നിത്യവസ്തുവായിട്ടും ലോകമഹേശ്വരം വേത്തി നോക്കൂ ഈ ശരീരത്തിന്റെ ഉള്ളിലുള്ള ജീവാത്മാവായിട്ടല്ല അഖണ്ഡ പൂർണ്ണ വസ്തുവായിട്ട് ഊനുക്കുൾ ഈശൻ ഒളിന്തിരുന്നാനേ ഈ ദേവനും ഋഷിയും ഒക്കെ വ്യക്തിത്വമാണല്ലോ ജീവനും ഒക്കെ ഉം ആ ജീവൻ ജീവൻ എന്ന് പറയണത് നമുക്ക് അറിയണതെങ്ങനെയാ ഞാൻ എന്നുള്ള രൂപത്തിൽ അല്ലേ ഈ വൃത്തി എവിടെയോ ഉദിക്കണു ആ വൃത്തിയുടെ സ്വരൂപം എന്താ പെർസണാലിറ്റിയാണ് സെൽഫ് ഇമേജ് ആണ് ഞാൻ ആണാണ് പെണ്ണാണ് ബ്രാഹ്മണനാണ് ക്ഷത്രിയനാണ് വൈശ്യനാണ് ഞാൻ അച്ഛനാണ് അമ്മയാണ് മകനാണ് മകൾ ഇതൊക്കെ ചേർന്നിട്ടാണ് അധ്യാസം എന്ന് വേദാന്തം പറഞ്ഞത് ശാസ്ത്രീയമായിട്ട് ചുരുക്കത്തിന് പറഞ്ഞാൽ പലതരത്തിലുള്ള നാടകം ശൈലൂഷവത് ആചാര്യസ്വാമികൾ ഉപയോഗിക്കുന്ന വാക്ക് വേഷം കെട്ടിക്കൊണ്ടേ വരാന്നാണ് പലതരം വേഷം നമ്മള് ധ്യാനിക്കാൻ ഇരുന്നാൽ നിശ്ചലമായിട്ട് ഇരുന്നാൽ കാണാം ഈ ഉള്ളിലുള്ള ഇമേജ് എത്ര വേഷം ഇടണം അനുസ്യൂതം സൃഷ്ടി നടന്നുകൊണ്ടേയിരിക്കുകയാണ് അവിടെ അല്ലെ നമ്മൾ വിചാരിക്കുന്നു ഈ മരിച്ചു കഴിഞ്ഞിട്ടാണ് ഒരു പുനർജന്മം ഒന്ന് അരമണിക്കൂർ ഇരുന്നാൽ കാണാം ഒരായിരം പ്രാവശ്യം ജനിക്കണത് ആരൊക്കെയോ ആയിട്ട് ജനിച്ച് ജനിച്ച് ജനിച്ച് മറഞ്ഞുകൊണ്ടേയിരിക്കും ഉള്ളിൽ എന്തൊക്കെയോ ആയിട്ട് മാറണു സ്വപ്നത്തില് കുറച്ചുകൂടെ നല്ലവണ്ണം ആലോചിച്ചാൽ അവിടെ കിട്ടും ധ്യാനിക്കാൻ ഇരുന്നാൽ നിശ്ചലമായിട്ടിരുന്നാൽ കാണാം ഈ ഉള്ളിലുള്ള ആളെ എത്ര വേഷങ്ങൾ എടുത്ത് എത്ര അവതാരമാ ഉള്ളു എന്ന് വരുന്നത് ഇതിനൊക്കെ ആദ്യം എന്താ അജം അനാദിം അജവും അനാദിയുമായ ഒരു സോഴ്സ് ആ ഹൃദയസ്ഥാനം നമ്മൾ ഹൃദയം എന്ന് പറയണു ആ ഹൃദയസ്ഥാനത്തിൽ നിന്നും അജവും അനാദിയുമായ ആ ഹൃദയസ്ഥാനത്തിൽ നിന്നും എത്രയോ ജം ഉണ്ടാവുകയാണ് ജനനം ഉണ്ടാവുകയാണ് ജായത്തെ അസ്ഥി വർദ്ധത്തെ വിപരിണമത്തെ ജന്മാദ്യസ്യത അതുകൊണ്ടാണ് ആ ഒരു സൂത്രത്തില് ഈ രഹസ്യം മുഴുവൻ ഉണ്ട് ഒക്കെ അവിടെ നിന്ന് ഉദിക്കണു അവിടെ നിൽക്കണു അവിടെ ലയിക്കണുദിക്കണു നിൽക്കണു ലയിക്കണുക്കണു നിൽക്കണു ലയിക്കണ അതിന്റെ സോഴ്സിലേക്ക് പോവാൻ ഇപ്പൊ ഒരു മന്ത്ര ജപം ചെയ്താൽ അവിടെ പോകും മന്ത്രം നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഉള്ളിൽ വിടുകയാണ് ഒരു ഭഗവൻ ജപം ചെയ്തുകൊണ്ടേ ഇരുന്നാൽ ക്രമേണ മറ്റ് ചിത്തവൃത്തികള് മറ്റ് ഭാവനകള് ഒക്കെ പോയിട്ട് അതുമാത്രമായിട്ട് നിൽക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു വൃത്തിയെ ഒരു ഭാവത്തിനെ പിടിച്ചുകൊണ്ട് ഭാവനാതീതമായ സ്ഥിതിയിലേക്ക് പോകാൻ സാധിക്കും അതുകൊണ്ടാണ് ഈ നാമജപത്തിന് മന്ത്രജപത്തിന് ഇത്ര പ്രാധാന്യം കൊടുത്തത് ഒരു ഭാവത്തിന് മാത്രം നിലനിർത്തി കഴിയണത് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ബലം കുറച്ച് അറ്റ്ലീസ്റ്റ് വൺ പേഴ്സണാലിറ്റി ആയിട്ട് ഇരിക്കാൻ കഴിയുമെങ്കിൽ വളരെ വലിയ കാര്യമാണ് അതുകൊണ്ടാണ് സത്യനിഷ്ഠ ധർമ്മം ആർജവം രാഗദ്വേഷമില്ലാതിരിക്കുക ഒക്കെ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ അപ്പോഴേ ഈ ഉള്ളിലുള്ളത് ഒന്നും ഒന്നും ഒരുപ്പെടുള്ളൂ ആദ്യം ഈഗോവിനെ ഒന്ന് ശരിയാക്കണം ഈ അഹങ്കാരത്തിനെ ഒന്ന് വൺ സൈഡാക്കി തീർക്കണം പല വേഷങ്ങൾ ഇടുന്നത് മാറ്റി അതിനൊരു നിരൂപിക്കാവുന്ന ഒരു ഒരു കഴിയുന്നത്രയും ഒരു ഒരു മുഖം കൊണ്ടുവന്നാൽ അതിന് ഹൃദയസ്ഥാനത്തിലേക്ക് പോവാനും അതിനെ കണ്ടറിയാനും അതിന് മൂലാന്വേഷണം ചെയ്യാനും എളുപ്പമാണ് അപ്പോ എല്ലാ വൃത്തികളും എല്ലാ ഭാവങ്ങളും സർവേ ഭാവാഹം തത്ര ജായൻ തത്രവ് ലയം യാത്തി എല്ലാ ഭാവങ്ങളും അവിടുന്ന് ഉദിക്കണോ അവിടെ നിൽക്കുന്നു അവിടെ ലയിക്കുന്നു പക്ഷെ നമുക്കൊരു ഭാവബലം വേണം ഭാവ ബലം കൊണ്ട് ഭാവനാതീത സദ്ഭാവത്തിൽ ഇരിക്കൽ നമുക്ക് ഒരു ഭാവബലം ഭാവബലമാണ് ഒരു ഭഗവത് നാമത്തിനെ ജപിക്കണത്തോ ഒരു രൂപത്തിനെ ധ്യാനിക്കണത്തോ അതിനാണ് നമ്മളിപ്പോ വിഭൂതി എന്ന് പറഞ്ഞ് ഉപാസനാലംബത്തിനെ അന്വേഷിക്കുന്നത് ഉപാസനയ്ക്കൊരു ആലംബത്തിനെ അന്വേഷിക്കണത് ഏതോ ഒന്നിനെ പിടിക്കാം ആ പിടികിട്ടാത്തപ്പോഴാണ് ഈ വിരഹ ദുഃഖം ഭഗവാൻ രമണ ഭഗവാൻ പോലും ആ മരണാനുഭവം ഉണ്ടായ ശേഷം ഞാൻ ശരീരമല്ല ഞാൻ ആരാണ് അന്വേഷിച്ചു അതൊക്കെ കഴിഞ്ഞ ശേഷം മീനാക്ഷി കോവിലിൽ പോകുമ്പോൾ ആ സന്നിധിയിൽ ഇങ്ങനെ കണ്ണിന്ന് കണ്ണീര് വന്നുകൊണ്ടേയിരിക്കും അപ്പൊ ഭഗവാൻ പിന്നാലെ പറയണ്ടേ എവിടുന്നാ ഈ കണ്ണീര് വരണമെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും അറിയില്ല അതിനൊരു കാരണം പറയണത് ഈ ജീവൻ ലോകത്തിന്റെയും ശരീരത്തിന്റെയും ഒക്കെ പിടിപിട്ടു അതിന് ഇനിയിപ്പോ ഒരു നിത്യമായ ആലംബം ആശ്രയം വേണം ആ ആലംബത്തിനായിട്ട് ആ നടുവിലുള്ള സമയത്താണ് അതിങ്ങനെ കണ്ണീരായിട്ട് പെരുകി വന്നുകൊണ്ടിരിക്കുന്നത് ആ സ്റ്റേജിലുള്ളതാണ് ഭഗവാന്റെ അക്ഷരമണമാല ഈ സ്തുതി പഞ്ചകത്തിലൊക്കെ എല്ലാ പാട്ടുകളും അപ്പൊ ആലംബം ആൻകറേജ് ആ ആലംബത്തിനാണ് ഭഗവന്നാമം ഭഗവാന്റെ രൂപം അല്ലെങ്കിൽ നിത്യവസ്തുവിനെ ഏതെങ്കിലും രൂപത്തിൽ ഭാവത്തിൽ ഇപ്പൊ ഗുരുവിനെ ചിലർക്ക് ഗുരുവിനെ ചോദിക്കണം പക്ഷെ ഗുരുവിനെ ഒരു വ്യക്തിയായിട്ട് കരുതി അവിടെയും പെട്ടുപോകും ആചാര്യസ്വാമി ഗോവിന്ദഭഗത്പാദരെ സ്തുതിക്കുമ്പോൾ സർവ്വ വേദാന്ത സിദ്ധാന്ത ഗോചരം എന്നാണ് ഗുരുവിനെ ബ്രഹ്മമായിട്ട് പരമാത്മ സ്വരൂപമായിട്ട് കണ്ടാൽ അത് ജ്ഞാനികൾക്ക് സാധ്യമുള്ള വഴിയാണ് പക്ഷെ അവർ നമുക്ക് കാണിച്ചു തരണം അല്ലേ ഇപ്പം ജ്ഞാനേശ്വരൻ അദ്ദേഹത്തിന്റെ അമൃതാനുഭവം എന്നൊരു പുസ്തകമുണ്ട് ഈ ജ്ഞാനേശ്വരൻ ചെറിയ കുട്ടിയാണല്ലോ അദ്ദേഹത്തിന്റെ ഗുരു ഏട്ടനാണ് നിവൃത്തിനാഥ് ഒരു വയസ്സോ ഒന്നര വയസ്സോ വ്യത്യാസമേ ഉള്ളൂ നിവൃത്തിനാഥിന് ഗഹനീനാഥ് ഉപദേശിച്ചു കൊടുത്തു അദ്ദേഹം ജ്ഞാനേശ്വരന് ഉപദേശിച്ചു കൊടുത്തു ഏട്ടൻ അനിയന്മാർക്ക് എത്ര തന്നെ റെസ്പെക്ട് ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കും ഏട്ടൻ അനിയന്മാർ അത് ഒന്നൊന്നര വയസ്സാവുമ്പോ അങ്ങോട്ട് ഇങ്ങനെ തല്ലും അടിയും കൂടുന്ന സഹോദരന്മാരാണ് ജ്ഞാനേശ്വരൻ അമൃതാനുഭവത്തില് അഞ്ച് ശ്ലോകം സംസ്കൃത ശ്ലോകമുണ്ട് അതിൽ ആദ്യത്തെ ശ്ലോകത്തില് ൃത്തിനാഥാക്യം ഏകം ദൈവത്തം ആശ്രയേ നിവൃത്തിനാഥൻ എന്ന പേരോടുകൂടിയിട്ടുള്ള ആ പരബ്രഹ്മത്തിനെ ഞാൻ ആശ്രയിച്ചു കൊണ്ട് ഇത് എഴുതുന്നു നിവൃത്തിനാഥൻ എന്ന പേരോടുകൂടിയിട്ടുള്ള ആ പരമാത്മാവിനെ ഞാൻ ആശ്രയിച്ചു ഇത് പറഞ്ഞു നോക്കൂ ഏട്ടനാണ് ഒന്നര വയസ്സ് വലുപ്പേ ഉള്ളൂ ആ ബ്രഹ്മോപദേശം ചെയ്തു അപ്പൊ ഗുരു ശിഷ്യന് ഞാനുണ്ടായി സാധാരണ പറയണത് ജ്ഞാനത്തിന്റെ ലക്ഷണം എന്താന്ന് വെച്ചാൽ ജ്ഞാനിക്ക് ലക്ഷണം എന്താന്ന് വെച്ചാൽ അജ്ഞാനിയെ കാണില്ല എന്നാണ് അല്ലാതെ ഞാൻ ജ്ഞാനം നേടി ബാക്കിയുള്ളവർക്ക് അജ്ഞാനം തോന്നിയാൽ അയാൾ ഏറ്റവും വലിയ അജ്ഞാനിയായി പോകും ജ്ഞാനിയുടെ ലക്ഷണം അജ്ഞാനിയെ അയാൾക്ക് കാണാൻ ഒക്കില്ല ആത്മാനുഭവം നേടിയവന്റെ ലക്ഷണം എല്ലായിടത്തും ആത്മാവാണ് പിന്നെ അജ്ഞാനമേ കാണാൻ ഒക്കില്ല കുറവേ കാണാൻ ഒക്കില്ല സർവത്ര ആത്മൈവ ഇതം സർവം അപ്പോ ആ പൂർണ്ണദർശനം ഗുരു ശിഷ്യനെ നോക്കുമ്പോൾ ശിഷ്യനും ആ അനുഭവം ഉണ്ടാവണം ശിഷ്യൻ ഗുരുവിനെ പിന്നെ നോക്കുമ്പോൾ ഒരു പേഴ്സൺ ആയിട്ട് കാണണെങ്കിൽ ശിഷ്യനിലെ അജ്ഞാനം ഇനിയുണ്ട് ഒരു പ്രത്യേക വിദ്യയാണ് വേദാന്തം ഒന്നും കഷ്ടല്ല പക്ഷെ നമ്മള് കെമിസ്ട്രി പഠിക്കണ പോലെ ഫിസിക്സ് പഠിക്കണ പോലെ കമ്പ്യൂട്ടർ പഠിക്കണ പോലെ അല്ലെങ്കിൽ ഒരു ഭാഷ പഠിക്കണ പോലെ ആ സമ്പ്രദായം വെച്ചുകൊണ്ട് ആ മെത്തേഡ് വെച്ചുകൊണ്ട് ഇത് പഠിക്കാൻ വരുമ്പോ പിടികിട്ടില്ല ബാക്കി എല്ലാ വിദ്യകളും പ്രമാണ പ്രമേയ പ്രമാതൃഭേദത്തോടുകൂടിയുള്ള വിദ്യകളാണ് എന്നുവെച്ചാൽ അറിയുന്നവൻ അറിയപ്പെടുന്ന വസ്തു അറിവ് എന്നുള്ള ഭേദത്തോടുകൂടിയുള്ളതാണ് ഈ ഒരു വിദ്യയില് ആ തൃപ്പൂട്ടി പ്രവർത്തിക്കില്ല ഇതിന്റെ ഒരു വിഷമം അതുകൊണ്ടാണ് വേദാന്തം ഒന്നും മനസ്സിലാവണ്ട മനസ്സിലാവണില്ലാന്ന് പറയണത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയണത് നിങ്ങൾ മനസ്സിലാക്കാനൊന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമേ ഇല്ല അങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ ഒരു ഒരു പ്രത്യേക സന്ദർഭത്തില് അതിന്റെ യുക്തി നിങ്ങൾക്ക് കിട്ടും അതിന്റെ ലാളിത്യം സരളത കിട്ടും നമുക്ക് ബുദ്ധി കൊണ്ട് മനസ്സിലാവണം എന്നൊന്നുമില്ല അത് ഇങ്ങനെ കൊണ്ട് പോയിക്കോടും അപ്പൊ നാടി പിടിക്കണ ജ്യോത്സ്യൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് ഈ നാടി പിടിക്കണത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരൂ എന്ന് ചോദിച്ചാൽ അയാൾ പറയും ഒരു പത്ത് വർഷം എന്റെ കൂടെ ഇരിക്കുമെന്ന് പറയും ഇങ്ങനെ പിടിച്ചാൽ എന്താ സൂക്കേടെന്ന് അറിയുന്നു പറഞ്ഞ് കാണിച്ചു തന്ന മനസ്സിലാവുമോ ഇല്ലേ സാധാരണ ഫിസിക്കൽ നോളജ് പോലും യു ഹാവ് ടു ലിവ് ആൻഡ് സ്ലോലി അബ്സോർബ് അല്ലെ നാടി പിടിച്ച് നോക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകത്തിൽ വായിച്ചാ മനസ്സിലാവോ ചെറിയ കാര്യം പോലും അപ്പോ ഒറിജിനൽ സയൻസ് എല്ലാം ഏകദേശം അതുപോലെയാണ് അത് ഇരുന്ന് തന്നെ പഠിക്കണം പതുക്കെ പതുക്കെ ഊറി ഊറി തന്നെ വരണം അപ്പോ ഇവിടെ ഭഗവാൻ പറഞ്ഞു എന്നെ അജവും അനാദിയും എന്ന് വെച്ചാൽ ആത്മാവായിട്ട് ആരാ അറിയുന്നുവോ അപ്പൊ ഈ അഹങ്കാരത്തിന്റെ മൂലാന്വേഷണം ചെയ്തു നോക്കുമ്പോൾ അഹങ്കാരം എവിടെ ഉദിച്ച് അസ്തമിക്കുന്നു അവിടെ ഈശ്വരൻ ഉണ്ട് നമ്മൾ ഈശ്വരൻ എന്ന് അന്വേഷിക്കണ നമുക്ക് അന്തർയാമിയായി ഊനുക്കുൾ ഈശൻ ഒളിന്തിരുന്നേ ഭഗവത്ഗീതയില് ഭഗവാൻ പറഞ്ഞു ഇതം ശരീരം കൗന്തയത് പതിമൂന്നാമത്തെ അധ്യായം ഈ ശരീരം ക്ഷേത്രമാണ് എന്നിട്ട് ഇതിനകത്ത് ക്ഷേത്രജ്ഞം ഇതിനകത്തൊരു ക്ഷേത്രജ്ഞനുണ്ട് ക്ഷേത്രത്തിന്റെ ഉള്ളിലുള്ള കോൺഷ്യസ്നസ് അപ്പൊ നമ്മള് ജീവൻ എന്ന് കരുതും അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു ക്ഷേത്രജ്ഞം ചാപി മാം വിധി സർവക്ഷേത്ര അദ്വൈതത്തിന് വളരെ ആലംബമായിട്ടുള്ള ശ്ലോകാണത് അപ്പൊ ഭഗവാൻ പറഞ്ഞു എല്ലാ ക്ഷേത്രങ്ങളിലും ക്ഷേത്രജ്ഞനായിട്ട് ജീവനായിട്ട് തോന്നുന്നതുണ്ടല്ലോ അർജുന അത് ഞാനാണ് ഞാൻ തന്നെയാണ് ക്ഷേത്രജ്ഞനായിട്ട് അതിനകത്ത് ഞാൻ ഞാൻ ഞാൻ ഞാൻ എന്ന് അനുഭവ രൂപത്തിൽ ചൈതന്യമായിട്ട് ചിദ്വസ്തുവായിട്ട് തോന്നണത്ത അങ്ങനെ അറിയുമ്പോൾ അജമായിട്ടും ലോകമഹേശ്വരമായിട്ടും ലോകമഹേശ്വരനായിട്ടും ഭഗവാനെ ഹൃദയത്തിൽ അറിയുമ്പോ അവൻ എന്താവുന്നു ഹി ബിക്കംസ് അസമ്മൂഢ അപ്പൊ പിന്നെ ശങ്കരാചാര്യർ ചിത്ത് വിളിക്കില്ല മൂഢമതേ എന്ന് വിളിക്കില്ല അതുവരേക്കും പ്രിയമായിട്ട് വിളിക്കുന്ന പേരാണ് മൂഢമതേ എന്തു ചെയ്യും അപ്പോ അസമ്മൂഢസമർത്ഥേഷു മനുഷ്യരിൽ അവൻ അതായത് മനുഷ്യരുടെ ഉള്ളിൽ അവൻ മാത്രം മൂഢനല്ലാതായിട്ട് തിരുണൂ ബാക്കി ഈ ഭഗവാനെ അറിയാത്തവരക്കും ഭഗവാൻ രമണ ഭഗവാൻ പറയണ്ട് ദർ ആർ ഓൺലി ടു കൈൻഡ് ഓഫ് ഇഗ്നറൻസ് ignorance ignorance. and illiterate ലേണഡ് ഇഗ്നറൻസ് ആൻഡ് ഇല്ലിറ്ററേറ്റ് ഇഗ്നറൻസ് അജ്ഞാനം രണ്ടുപേർക്ക് അജ്ഞാനുണ്ട് അജ്ഞാനത്തിന് കേടുപാടുകൂടാതെയാണ് നമ്മുടെ വിദ്യാഭ്യാസം മുഴുവൻ നടക്കുന്നത് അജ്ഞാനത്തിന് യാതൊരു ഹാനിയും വരുത്താതെ വിദ്യാഭ്യാസത്തിൽ മുന്നോട്ടു പോയിക്കൊണ്ടേയിരിക്കുന്നു അത് അങ്ങനെ basic ignorance remains. സ്വപ്നത്തില് മാളികകൾ കിട്ടണ പോലെയാണ് അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും അപ്പൊ ഈ അജ്ഞാനത്തിന് എവിടെയാ ഒരു ഒരു നിവൃത്തി വരണത് അങ്ങനെ നിവൃത്തി വരണമെങ്കിൽ ഭഗവത് സാക്ഷാത്കാരം ഉണ്ടാവണം യു ഹാവ് ടു സീ ദ ഡിവിനിറ്റി ഇൻ you ദെൻ യു വിൽ സീറ്റ് എവറിവെർ ആ അനുഭവം അനുഭൂതി ഹൃദയത്തിൽ ഉണ്ടാവണം അങ്ങനെ അറിയുന്നവന്റെ മൗഢ്യം ദുഃഖത്തിന് മൂലകാരണമായിട്ടുള്ള അനർത്ഥം പോയിപ്പോകും അസമ്മൂഢസമർത്ഥ്യേഷു മാത്രല്ല സർവപാപൈ പ്രമുച്ഛ്യതേ പാപമൊക്കെ പോയി പോകും അഘമറിഷണം അഘമറിഷണം എന്ന് വെച്ചാൽ പാപത്തിന് മുഴുവൻ ഇല്ലാതാക്കുക എപ്പോഴാ പാപം മുഴുവൻ ഇല്ലാതാവുക ഞാൻ തന്നെ ഇല്ലാതായാൽ പാപമില്ലാതായി അഹമസ്മീ അഹമേവാഹമസ്മി മാം ജുഹോമി സ്വാഹ അതാണ് അഘമർഷണം മന്ത്രം ഇതിന്റെ അവസാനം ഞാൻ എന്നെ തന്നെ ഹോമിക്കണു എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്നാനം ചെയ്യാം അല്ലെങ്കിൽ യജ്ഞത്തിൽ ഹവിസ് കഴിക്കാം എന്തിനാന്ന് വെച്ചാൽ അകമർഷണം ഈ കുളിക്കുന്നതും ഹവിസ് കഴിക്കുന്നതൊക്കെ ബാഹ്യമാണ് ഇവിടെ അഹമസ്മി അഹമേവാഹമസ്മി ആർദ്രം ജ്വലതി ജ്യോതിരമസ്മി ജ്യോതിർജ്വലതി ബ്രഹ്മാഹമസ്മി അഹമസ്മി യോഹമസ്മി ഞാനുണ്ട് ഞാനുണ്ട് ഞാനുണ്ട് ഞാനുണ്ട് ഇതിലൊരു ഒരു രസമായ ഒരു ഇൻസിഡൻ്റ് ഉണ്ട് എന്താന്ന് ഈ കഥയെടുത്തിട്ടാണ് ഈ ക്രിസ്ത്യൻ ടെസ്റ്റമെന്റിലെ അവരൊരു കഥയാക്കി മാറ്റിയത് നമ്മുടെ ആളുകൾക്ക് പോലും പലർക്കും ഇതിപ്പോ ഇതില് വേദത്തിൽ ഇണ്ടെന്ന് അറിയില്ല അതില് അയാം ദാറ്റ് അയാം എന്ന് പറഞ്ഞ അഗ്നി ആയിട്ട് വന്നുവെന്നും എന്താ അയാൾക്ക് മലയാളത്തിൽ പറയാ പേര് മൂശയോ എന്താ പറയാ എന്തോ അയാൾക്ക് ദർശനം കൊടുത്തു എന്നും അഗ്നി രൂപത്തിൽ വന്നു എന്നും ഒക്കെ പറഞ്ഞിട്ട് ഒരു കഥയാക്കി മാറ്റിയിട്ടുണ്ട് പുരാണാക്കിട്ട് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് അയാൾക്ക് അത് കിട്ടി വേദത്തിലുള്ള മന്ത്രത്തിന്റെ ഒക്കെ പലതും വികലമായിട്ട് മാറിയില്ലേ ഇപ്പൊ ഈ കിളികള് ഉപനിഷത്ത് പറഞ്ഞു ദ്വാസുപർണാസയുജാ സമാനം പരിഷസ്വ ജാതെ ഒരേ വൃക്ഷത്തിന്റെ ശാഖയിൽ ഈ രണ്ട് കിളികളുടെ രൂപത്തിലിരുന്ന് പുളിക്കുന്ന പഴവും മധുരിക്കുന്ന പഴം കഴിച്ചു എന്ന് പറഞ്ഞ കഥയെ ആഡം ഈവിന്റെ കഥയായിട്ട് മാറി അതിൽ രണ്ടുപേരും പഴം കഴിച്ചു അബദ്ധമായിട്ട് മാറി ഉപനിഷത്ത് പറഞ്ഞു ഒരാളെ കഴിച്ചോളൂ അല്ലേ മറ്റേ ആളെ സാക്ഷി മാത്രമായിട്ട് ഇരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിന് താത്വികമായിട്ടൊരു വിലയുണ്ടായി നോക്കൂ അവരുടെ ഉള്ളിൽ ബേസിക് ആയിട്ട് ഒരു കുഴപ്പം പെണ്ണ് എന്നുള്ളത് എവിടെയും വന്നു ജൂയിഷ് റിലീജിയനിൽ പോലും അതില്ല അവർക്ക് ഗൃഹസ്ഥാശ്രമ ധർമ്മം എന്ന് പറയുന്ന ഒരു ഒരു വിലയുണ്ടായിരുന്നു ഇത് ആണ് പെണ്ണ് എന്നുള്ള കഥയിൽ വന്ന് ഒന്ന് അവസാനം വലിയ ഹാനി ഉണ്ടാക്കിപ്പോയി അവസാനം ഒരു ഹർട്ട് അതില് ഇതൊക്കെ കഥ മാറി പോവുകയാണ് നോക്കൂ അഹമസ്മി അഹമേവാഹം ആർദ്രം ജ്വലതി ജ്യോതി ശീതളമായ ഒരു അഗ്നി എന്നാണ് ഹൃദയത്തില് ശീതളമായ ആർദ്രമായ ഒരു അഗ്നി എത്ര ആർദ്രം ജ്വലതി ജ്യോതിരഹമസ്മി ആ ജ്യോതി അകമേക്ക് കണ്ടു കഴിയുമ്പോൾ അകമർഷണമാണ് അഹം പാപം കഴുകിക്കളഞ്ഞു പോകുന്നു അപ്പോ ഇനി നോക്കൂ എല്ലാ ഭാവങ്ങളും അന്തര്യാമിയുടെ മൂലത്തിൽ നിന്നുമാണ് ഉദിച്ചു നിന്ന് അസ്തമിക്കണത് പറഞ്ഞു അത് തുടർന്ന് ഭഗവാൻ പറയാണ് ബുദ്ധിജ്ഞാനമസോഹ ക്ഷമാസത്യം ദമശ്രമ भवो भावो ഖം ദുഃഖം अहिंसा समता ഭയം तपो അഹിംസ यशो തപ്പോോദാനം യശോ भावा ഭാവാഭൂത ഭാവാ ഉള്ളിൽ അനേക ഭാവങ്ങൾ ഉണ്ടാവും ശരിക്കും ഈ സാത്വികമായ ദൈവികമായ ഭാവങ്ങളൊക്കെ തന്നെ അഭിമാനം മൂലത്തിലടങ്ങുമ്പോൾ ഉണ്ടാവുന്നതാണല്ലോ അതുകൊണ്ടാണ് കമ്പാരിറ്റീവ്ലി നെഗറ്റീവ് ഇമോഷൻസിനെക്കാളും നമ്മൾ പോസിറ്റീവ് ഇമോഷൻസ് എന്ന് പറയുന്നതിനെ സാധുക്കളൊക്കെ തന്നെ അനുമോദിച്ച് പോഷിപ്പിക്കാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് മച്ച് മോർ നിയറർ ടു ദ സോഴ്സ് അതുമൊക്കെ മനോഭാവങ്ങളാണെങ്കിൽ പോലും അത് കൂടുതൽ കൂടുതൽ സത്യത്തിന് അടുത്തു നിൽക്കണം നുണയും സത്യമോ ആത്മാ തന്നെയല്ലേന്ന് വെച്ചാൽ അല്ല സത്യം പറയുമ്പോ you are connected with the source. നുണ പറയുമ്പോ you are separated, estranged from the source. വ്യത്യാസം അഭിമാനത്തിനെ രക്ഷിക്കാനാണ് പലപ്പോഴും നുണ പറയണതേ ശ്രദ്ധിച്ചാൽ കാണാം അഭിമാനത്തിനെ രക്ഷിക്കാനാണ് ദ്വേഷിക്കുന്നത് അഭിമാനത്തിന് ടോണിക്ക് കൊടുക്കാനാണ് അറ്റാച്ച്മെന്റ് ഒക്കെ എന്തെന്ത് ഈ അഭിമാനത്തിനെ പോഷിപ്പിക്കുമോ അതൊക്കെ നെഗറ്റീവാണ് എന്തെന്ത് അഭിമാനത്തിന് യജനം ചെയ്യുമോ ത്യാഗം അതൊക്കെയാണ് നമ്മൾ പോസിറ്റീവ് ആന്ന് പറയണത് ഈ പോസിറ്റീവ് ഇമോഷൻസ് അധികമായിട്ടും അന്തര്യാമിയിലേക്ക് നേരിട്ട് നമ്മളെ കൊണ്ടുപോകുന്നു അതിലും ഭഗവാൻ പറഞ്ഞു ബുദ്ധിഹി ബുദ്ധി എന്ന് വെച്ചാൽ അധ്യവസായ ആത്മിക ബുദ്ധി വിവേകം ജ്ഞാനം വസ്തുവിനെ കുറിച്ചുള്ള അറിവ് ബുദ്ധി റിസർവായർ ആണ് റിസോർസാണ് ജ്ഞാനം അതിന്റെ പ്രയോഗാണ് പ്രയോഗിച്ച് കഴിയുമ്പോ ഉണ്ടാവുന്ന എഫക്റ്റ് ആണ് അസമ്മോഹ ഒരു പൊരുളിനെ കുറിച്ചുള്ള ഇഗ്നറൻസ് നീ ഒരു വസ്തുവിനെ കുറിച്ചുള്ള അജ്ഞാനം നീ ഇതേ തന്നെ ആന്തരികമായിട്ടെടുത്താലും ഒരു ജീവന് മേധാശക്തി ഉണ്ടാവണത്തെ അന്തർയാമി നിന്നാണ് മത്തയേവ് ഈശ്വരൻ അനുഗ്രഹിക്കുമ്പോ കൃപ ഉണ്ടാവുമ്പോ കൃപാലാഭം ഉണ്ടാവുമ്പോ ഒരു ദേവി ഉള്ളിൽ ആവിർഭവിക്കണം ആ ദേവി ആരാണെന്ന് വെച്ചാൽ മേധാദേവി മേധാദേവി ജുഷമാണാകി ഭദ്രാ സുമനസ്യമാണ ത്വയാ ഋഷിർഭവതിദേവി മന്ത്രം തന്നെ പറയണത് ആ മേധാദേവി ഒന്ന് ഉള്ളിൽ വന്ന് തൊട്ടാൽ അയാൾ ഋഷിയാവുന്ന ബൃഹദ്വദേമ വി സുവീരാഹ ആ മേധാദേവി ഉള്ളിലൊന്ന് പ്രകാശിച്ചു കറിയുമ്പോ ബൃഹദ്വദേമ ബ്രഹ്മവിദ്യ പറയും അപ്പോഴാണ് ബൃഹത്ത് വെച്ചാൽ ബ്രഹ്മം ബൃഹത്തിനെ വലുതിനെക്കുറിച്ച് പറയണെന്നാണ് അവൻ ആ വലിയ പൊരുളിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നു ബൃഹദ്വതേമ വിദതേ സുവീരാഹ അപ്പൊ ആ മേധാശക്തിയാണ് ബുദ്ധി ആ മേധ ആവിർഭവിക്കുന്നു എവിടെ നിന്ന് അന്തറിയാമി എന്ന് മേധയുടെ ഡിസ്പ്ലേ ആണ് അതിന്റെ പ്രകാശനമാണ് ജ്ഞാനം അത് ആത്മവിദ്യയായി ആത്മജ്ഞാനമായി സ്വരൂപജ്ഞാനമായി പ്രകാശിക്കണം ബുദ്ധി ജ്ഞാനം അടുത്തത് സാക്ഷാത്കാരം അസമ്മോഹ മോഹങ്ങൾ പോയി സത്സംഗത്വേ നിസ്സംഗത്വം നിസ്സംഗത്വ നിർമോഹത്വം അല്ലെ മോഹ അസംമോഹ അതിനുശേഷം ജ്ഞാനത്തിന് ശേഷമും ശരീരത്തിനും മനസ്സിനും ഒക്കെ ഉണ്ടാവുന്ന ദുഃഖങ്ങൾക്കൊന്നും പരിഹാരമൊന്നുമില്ല അതിനെന്തൊക്കെ വരണോ അതിനൊക്കെ തിദിക്ഷ അത് തന്നെ ജ്ഞാനിയുടെ തപസാണെന്നാണ് ശ്രുതി പറയണത് യദ്വ്യാഹിതീ പരമം തപഃ അതവന്റെ വലിയ തപസ്സാണെന്നാണ് ക്ഷമാ ബുദ്ധിർജ്ഞാനം അസമ്മോഹക്ഷ സത്യം സത്യനിഷ്ഠ യാഥാതത്യകഥനം ഋജുബുദ്ധി ഒരേ നുണ പറയുമ്പോ എപ്പോഴും നോക്കുക ഉള്ളിലൊന്നുണ്ട് പുറത്തൊന്നുണ്ട് ഉള്ളൊണ്ട് വയ്ത്തു പുറമൊണ്ട് പേശുവാർ ഉറവ് കലവാമൈ വേണ്ടും എന്ന് വള്ളലാർ പാടി ഉള്ളിലൊന്ന് വെക്കണു പുറത്തൊന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ഇയാളുടെ ഉള്ളിൽ തന്നെ ദർ ഈസ് കോൺഫ്ലിക്ട് ആ കോൺഫ്ലിക്ട് ഒരു നോട്ടായിട്ട് തീരും ഒരു മുടിച്ചായിട്ട് തീരുന്നു ഒരു ചെടുക്ക് ഇതൊക്കെ കൂടി ചേർന്നിട്ടാണ് അവസാനം ചിജട ഗ്രന്ഥി എന്ന് പറയണത് ഉള്ളിലുള്ള ഇൻഹിബിഷൻസ്